ാമത്തിന് മഹത്വം പ്രിയപ്പെട്ടവരെ നമ്മൾ വെള്ളിയാഴ്ചകളിൽ കൂടുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെതായ വിധത്തിൽ ചെയ്യുക എന്ന പുസ്തകമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ പുസ്തകത്തിൽ ആത്മീയമായ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു എന്നാൽ ഈ പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മുടെ ദൈനംദിന ജീവിതത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രായോഗികതയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവ നമ്മൾ ഇതേ വരെ ചിന്തിച്ചില്ല എന്നാൽ നമ്മളിത് പഠിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആ കാര്യങ്ങളൂടെ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവുകയില്ല എന്നുള്ളത് ഇന്ന് നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ഈ കാര്യങ്ങളെന്ന് പറയുന്നത് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പണം എത്രയാണ് നമ്മളത് സമ്പാദിക്കണോ നമ്മളത് ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാൻ ഒക്കുമോ അതുപോലെ തന്നെ കടം ചോദിക്കാമോ കടം ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കണോ ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രായോഗികമായ പല കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് നമ്മൾ പറയും ഇതിൻ്റെ അകത്തൊന്നും വലിയൊരു ആത്മീയതയില്ല എന്ന് ചിലരെ ചിന്തിച്ചേക്കാം അല്ലെങ്കിൽ ചിലർ പറഞ്ഞേക്കാം എന്നാൽ നമ്മൾ പറയാറുള്ളതുപോലെ നമ്മുടെ ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ജീവിതം ഒരൊറ്റ ജീവിതമാണ് അല്ലാതെ അത് രണ്ടായിട്ട് മുറിഞ്ഞ് കിടക്കുന്നില്ല ഞായറാഴ്ചത്തെ മീറ്റിങ്ങിൽ നമ്മൾ ഒരു മുഖം കാണിക്കുന്നു തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ മറ്റൊരു ജീവിതം ജീവിക്കുന്നു അങ്ങനെയല്ല ഇത് നമുക്കൊരൊറ്റ ജീവിതമാണ് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഭൗതികത നമ്മുടെ പ്രായോഗിക ജീവിതം നമ്മുടെ ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അങ്ങനെ ബന്ധപ്പെട്ട് ഇതൊരൊറ്റ ജീവിതമായിട്ട് മുറിഞ്ഞു പോകാതെ ഒന്നിച്ച് നിന്നാൽ മാത്രമേ ദൈവനാമം നമ്മുടെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ഞായറാഴ്ച നമ്മളൊത്തിരി ആത്മീയമായ കാര്യങ്ങളൊക്കെ പറയുകയും ദൈവത്തെ സ്തുതിക്കുകയൊക്കെ ചെയ്താലും തിങ്കൾ മുതൽ ശനി വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക കാര്യങ്ങളിലുമൊക്കെ ഒരച്ചടക്കമില്ലാതെ നമ്മൾ പെരുമാറിയാൽ ദൈവനാമത്തിനത് മഹത്വമല്ല അതുകൊണ്ട് ഒരു ശിഷ്യത്വ ജീവിതത്തെ ഗൗരവമായിട്ട് എടുക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അവരുടെ ഭൗതിക ജീവിതത്തെയും ഗൗരവമായിട്ടെടുക്കണം അത് ആത്മീയതയുടെ ഭാഗം തന്നെയാണ് ഇതൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആ കാര്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് നോക്കാം സദൃശിവാക്യം ആറാമധ്യായം ആറാമത്തെ വാക്യം പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം സദൃശിവാക്യം ആറാമധ്യായം ആറാമത്തെ വാക്യം അവിടെ സദൃശിവാക്യകാരൻ പറയുന്നത് മടിയാദി ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക എന്നിട്ട് അവിടെ പറയുന്നു നീ അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കാം അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരമൊരുക്കുന്നു കൊയ്ത്തുകാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു അതിൻ്റെ ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യം സദൃശ്യവാക്യകാരൻ വളരെ ഗൗരവത്തോടെ പറയുകയാണ് നോക്കുക ഈ ലോകത്തിലെ ഏറ്റവും ചെറിയൊരു ജീവിയാണ് ഉറുമ്പ് ഉറുമ്പിനെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറേയില്ല എന്നാൽ സദൃശ്യവാഖ്യാനം പറയുന്നു നീ ഉറുമ്പിനെ ശ്രദ്ധിക്കുക ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക ഉറുമ്പിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക എന്താ ബുദ്ധി പഠിക്കേണ്ടത് അത് താന് ഒരിക്കലും അലസനായിട്ടിരിക്കാതെ മടിയനായിട്ടിരിക്കാതെ ഉറുമ്പെപ്പോഴും അധ്വാനിക്കുന്നു അത് എല്ലാ സമയവും അതിൻ്റെ തീൻ ശേഖരിക്കുകയും അത് എടുത്തുകൊണ്ട് തൻ്റെ കൂട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന പണിയാണ് അത് ചെയ്യുന്നത് അങ്ങനെ ആ ഉറുമ്പിൽ നിന്ന് നമ്മൾ ഒരു പാഠം പഠിക്കുമ്പോൾ നമുക്കെങ്ങനെ അലസനായിട്ട് കിടക്കാൻ ഒക്കും അതിൻ്റെ ഒൻപതാമത്തെ വാക്യം മടിയാ എത്ര നേരം കിടന്നുറങ്ങും കുറെ കൂടെ ഉറക്കം കുറേ ഇതൊക്കെയാണോ നിൻ്റെ ആപ്തവാക്യങ്ങൾ എങ്കിൽ നിൻ്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെയും വരും എന്നാണ് സദൃശ്യവാക്യകാരൻ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്നത് ഈ ഉറുമ്പിൽ നിന്ന് ചുരുക്കത്തിൽ നമുക്കിങ്ങനെ പറയാം രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് അത് എപ്പോഴും അധ്വാനിക്കുന്നു നമുക്കും അധ്വാനിക്കാനായിട്ട് ആരോഗ്യമുള്ള ഇടത്തോളം കാലം നമ്മൾ ജോലി ചെയ്യുകയും അധ്വാനിക്കുകയും തന്നെ വേണം അല്ലാതെ നമ്മൾ അലസനായിട്ടിരിക്കരുത് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അത് കിട്ടുന്നത് അന്നന്നങ്ങ് ഉപയോഗിച്ച് തീർക്കരുത് ഒന്നും മിച്ചം വയ്ക്കാതെ ഓ കർത്താവിൻ്റെ വരവടുത്തു നമ്മളൊന്നും മിച്ചം വയ്ക്കണ്ട ഒന്നും സമ്പാദിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് വളരെ ആത്മീകമായിട്ട് തോന്നുമെങ്കിലും അത് ദൈവവചനമനുസരിച്ച് ശരിയല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ ഈ ഉറുമ്പ് അത് തൻ്റെ തീനെ ശേഖരിച്ച് വയ്ക്കുന്നു ആഹാരം കൊയ്ത്തുകാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു എപ്പോഴും കൊയ്ത്തുകാലം വരികയില്ലെന്ന് ഉറുമ്പിനറിയാം അതുകൊണ്ട് കൊയ്ത്തുകാലത്ത് തൻ്റെ തീൻ ശേഖരിച്ചു വെക്കുന്നു വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു മഴക്കാലം വരും അന്നേരം തീൻ കിട്ടുകയില്ല എന്ന് അതിനറിയാം അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു അത് സമ്പാദിച്ചു വെക്കുന്നു സംഗ്രഹിച്ചു വയ്ക്കുന്നു നമ്മളും അതുകൊണ്ട് ജോലി ചെയ്യണം ആരോഗ്യമുള്ളിടത്തോളം ജോലിക്ക് പോകണം ജോലി ചെയ്ത് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ശേഖരിച്ചു വെക്കണം അല്ലാതെ ചിലവാക്കി കളയരുത് ഈ രണ്ട് കാര്യങ്ങളാണ് ഉറുമ്പിൽ നിന്ന് പഠിക്കേണ്ടത് കാരണം നമ്മൾ രണ്ട് കോനി പന്ത്രണ്ടിൻ്റെ പതിനാലാമത്തെ വാക്യം നോക്കുക അതിൻ്റെ അവസാന ഭാഗം പൗലോസ് പറയുന്നു അമ്മയപ്പന്മാർ മക്കൾക്കായി മക്കൾക്കായിട്ടല്ലോ ചരതിക്കേണ്ടത് അപ്പോൾ അമ്മയപ്പന്മാർക്കൊരു ഉത്തരവാദിത്തമുണ്ട് അവരുടെ കുട്ടികൾ വളർന്നു വരുന്നു കുട്ടികൾക്ക് വേണ്ടി എന്ത് വേണം സമ്പാദിച്ചു വയ്ക്കണം കുട്ടികളുടെ കാര്യം അവരാണ് നോക്കണ്ടത് നോക്കുക പൗലോസ് വിവാഹിതനോ കുട്ടികളുള്ള ഒരാളോ ആയിരുന്നില്ല എന്നാൽ ദൈവാത്മാവ് കൊടുത്ത ഒരു ബോധ്യമനുസരിച്ച് പറയുന്നു അമ്മയപ്പന്മാർ എന്തു ചെയ്യണം അവരെ പ്രാഥമികമായിട്ട് തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ചരിതിച്ച് വയ്ക്കണം ഒന്ന് തീമത്തിയോസ് അഞ്ചിൻ്റെ എട്ടിൽ പൗലോസ് പറയുന്നു തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു കണ്ടോ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ദൈവം നമുക്ക് ഉത്തരവാദിത്വം തന്നിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ കരുതിയില്ലെങ്കിൽ വിശ്വാസം തള്ളിക്കളഞ്ഞ അവിശ്വാസിയേക്കാൾ അവൻ അധമനായിരിക്കുന്നു എന്നാണ് പൗലോസ പറഞ്ഞിട്ടുള്ളത് നമുക്കൊക്കെയും വ്യത്യസ്തമായ സാഹചര്യങ്ങളാണുള്ളത് അപ്പോസ്തലപ്പവർത്തി പതിനേഴാമത്തെ അധ്യായത്തില് പൗൽ ഈ കാര്യം അരയോപകക്കുന്നിലെ പ്രസംഗത്തിലെ പൗലോസ പ്രത്യേകിച്ച് പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവം കാലങ്ങളും അതിരുകളും നിശ്ചയിച്ചിട്ടുണ്ട് പതിനേഴിൻ്റെ അപ്പുസര പ്രവൃത്തി പതിനേഴിൻ്റെ ഇരുപത്താറ് ഇരുപത്തേഴ് വാക്യങ്ങൾ നമ്മുടെ നിവാസത്തിനായിട്ട് ദൈവം കാലങ്ങളും അതിരുകളും നിശ്ചയിച്ചിട്ടുണ്ട് നമ്മളെന്തു വേണം അതിനകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ കണ്ടെത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സാമ്പത്തികമായ കാര്യങ്ങൾ നമ്മുടെ സാ നമ്മുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ജോലി സംബന്ധിച്ച കാര്യങ്ങൾ ഇതിലൊക്കെ നമുക്ക് ചില ആദർവരമ്പുകൾ ബൗണ്ടറികൾ ദൈവം വെച്ചിട്ടുണ്ട് ആ ആ ബൗണ്ടറിക്കുള്ളിൽ നിന്നോണ്ട് വേണം നമ്മൾ ദൈവത്തെ കണ്ടെത്താൻ പലപ്പോഴും നമ്മൾ നമുക്ക് കിട്ടിയ വരുമാനത്തിൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കാതെ പോകുമ്പോൾ നമ്മൾ ആ ബൗണ്ടറിക്ക് പുറത്തേക്ക് കടക്കുകയാണ് നമ്മൾ നേരത്തെ ബൈബിളിൽ നിന്നൊരു വാക്യം വായിച്ചല്ലോ വേലി പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും സഭാപ്രസംഗി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബൗണ്ടറിക്ക് പുറത്തു പോയാൽ അതെപ്പോഴും അപകടകരമാണ് അതുകൊണ്ട് നമുക്ക് ദൈവം വച്ചിട്ടുള്ള സാമ്പത്തികമായിട്ടാകട്ടെ ജോലിപരമായിട്ടാകട്ടെ സാമൂഹ്യപരമായിട്ടാകട്ടെ വച്ചിട്ടുള്ള അതിരികളെക്കുറിച്ചൊരു ബോധ്യമുണ്ടായി അതിൻ്റെ അകത്ത് നിന്ന് അധ്വാനിക്കുകയും അത് കരുതി വെക്കുകയും നമുക്ക് ഉത്തരവാദിത്വം തന്നിട്ടുള്ളവരുടെ നന്മയ്ക്കായിട്ട് ആ പണം ഉപയോഗിക്കുകയും ഒക്കെ തന്നെ ചെയ്യണം അങ്ങനെ ചെയ്യാത്തവൻ അവിശ്വാസിയേക്കാൾ അഥമനായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവർ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ എന്തുവേണം എല്ലാം നമുക്കായിട്ട് തന്നെ അങ്ങ് കരുതി സ്വന്തം കുടുംബക്കാർക്കും മക്കൾക്കും വേണ്ടി ചരുതിച്ച് വെച്ച് ആർക്കും ഒന്നും കൊടുക്കാതിരിക്കുക അതാണോ ബൈബിള് പറയുന്നത് അല്ല ഇതിന് വേറൊരു വശം കൂടെ ഒന്ന് തീമത്തിയോസ് ആറിൻ്റെ പതിനേഴ് നോക്കുക അവിടെ പറയുന്നു സൽപ്രവർത്തികളിൽ സമ്പന്നരായി ഔദാര്യമുള്ളവരായിരിക്കണം അങ്ങനെയാണ് സാക്ഷാൽ ജീവനെ പിടിച്ചുകൊള്ളേണ്ടത് അപ്പം നന്മ ചെയ്ത് സൽപ്രവർത്തികളിൽ സമ്പന്നരായിരിക്കണം ഗലാത്തിർ ആറിൻ്റെ പത്തിൽ പറയുന്നു കഴിയുന്നിടത്തോളം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കാര്യം നോക്കണം നമ്മുടെ കുട്ടികളുടെ കാര്യം നോക്കണം നമ്മുടെ അതിർവരമ്പിനുള്ളിൽ നിൽക്കണം അപ്പത്തന്നെ അതിനുള്ളിൽ തൃപ്തരായിട്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഉള്ളത് നമുക്ക് സഹവിശ്വാസികൾക്കും മറ്റുള്ളവർക്കും ഔദാര്യമായി കൊടുക്കാൻ മനസ്സുള്ളവരുമായിരിക്കണം അല്ലാതെ സമ്പാദിച്ചു വയ്ക്കുക ഈ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ കുന്നുകൂട്ടുന്നതിലല്ല ഇതിനൊരു ബാലൻസ് ഉണ്ട് ആ ബാലൻസ് കണ്ടെത്തി നമ്മുടെ അതിർവരമ്പുകൾക്കുള്ളിൽ നിൽക്കണം എന്നാണ് ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവം നമുക്ക് വച്ചിട്ടുള്ള അതിർവരമ്പിനുള്ളിൽ നമ്മൾ തൃപ്തരായി നിൽക്കുകയും നമ്മുടെ ചെലവുകളെ അതിനുള്ളിൽ പരിമിതപ്പെടുത്തി നമ്മൾ ജീവിക്കുകയും നമുക്ക് ഉത്തരവാദിത്വം തന്നിട്ടുള്ളവരുടെ കാര്യങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ നമുക്കുള്ളതിൽ നിന്ന് സഹവിശ്വാസികളെയും മറ്റുള്ളവരെയും സഹായിക്കുകയും ചെയ്ത് അങ്ങനെ മറ്റുള്ളവരുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം ജീവിക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നാണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ പെട്ടെന്നുള്ള ചില ആവശ്യങ്ങൾ നമുക്ക് വരാം അതായത് കാര്യങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആശുപത്രിയിൽ വലിയൊരു ആവശ്യം നേരിടുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പണം കടം വാങ്ങാമോ പണം മറ്റുള്ളവരിൽ നിന്ന് തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് എന്താണ് ദൈവോജനം പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ അത് നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് മടക്കി കൊടുക്കാവുന്ന വളരെ വേഗത്തിൽ കഴിയുന്നത് നമ്മൾ നമ്മൾ വാങ്ങുന്നതിൽ തരുന്നവരിൽ നിന്ന് വാങ്ങുന്നതിൽ തെറ്റില്ല പക്ഷേ ലൂക്കോസ് പത്തൊൻപത് എട്ടിൽ സക്കായിയുടെ ഒരു മാതൃക നമ്മൾ കാണുന്നുണ്ട് സക്കായി പറയുന്നുണ്ട് താന് കുറേ നാൾ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയത് മടക്കി കൊടുക്കുമ്പോൾ അതിന് താന് നാല് മടങ്ങ് മടക്കി കൊടുക്കുന്നു താൻ അതിനുള്ള ന്യായമായ ഒരു തുകയൂടെ ചേർത്താണ് താന് മടക്കി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് പെട്ടെന്നുള്ള ചില ആവശ്യങ്ങൾക്ക് നമ്മുടെ സുഹൃത്തുക്കളോ നമുക്ക് തരുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങാം പക്ഷെ അത് എത്രയും വേഗം ആ കടം വീട്ടുകയും ചെയ്യണം ആ കടം ഒരു പരിധി കവിഞ്ഞ് നീണ്ടുപോയാൽ നമ്മൾ എന്തു ചെയ്യണം അതിന് സക്കായി ചെയ്തതുപോലെ അതിന് നോർമലായിട്ടുള്ള അതിന് ചേർത്ത് കൊടുക്കേണ്ടത് കൊടുക്കാനായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ബാങ്കുകൾ ഇപ്പോഴേ വീട് വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും ഒക്കെ വായ്പ തരുന്നുണ്ട് ഈ വായ്പ തരുമ്പോൾ ആ വായ്പ അവർ തീർച്ചയായിട്ടും നമ്മുടെ ഒരു അസറ്റിലാണ് അവർ കൊണ്ടുവന്ന് വെക്കുന്നത് നമ്മുടെ ജോലിയുണ്ട് നമ്മുടെ ജോലിയിൽ നമുക്ക് ഇത്ര രൂപ ശമ്പളമുണ്ട് അതൊക്കെ നോക്കിയാണ് ബാങ്കുകാർ തരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ബാങ്ക് വായ്പകൾ നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വീട് വാങ്ങുന്നതോ വാഹനം വാങ്ങുന്നതോ അതിൽ തന്നെ തെറ്റല്ല പക്ഷേ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് നമ്മുടെ ഒരു തൂർത്തിനോ നമ്മുടെ ഒരു ആഡംബരത്തിനോ വേണ്ടി ആകരുത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ആയിരിക്കണം ഇതാരാണ് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടത് ഇങ്ങനെയുള്ള ഹൗസ് ലോണോ കാർ ലോണോ എടുക്കുമ്പോൾ അത് നമ്മൾ കടം വാങ്ങുന്നതായിട്ട് കരുതണ്ട കാര്യം അതൊരു അസറ്റായിട്ട് തന്നെ കാണാം അതുകൊണ്ട് അങ്ങനെ ഇന്നത്തെ ലോകം അങ്ങനെ പോകുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് ഗൗരവത്തോടെ ഈ കാര്യങ്ങൾ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്ന് നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ മനസ്സിലാക്കി ധൂർത്തിനോ ആഡംബരത്തിനോ അല്ലാതെ ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു പ്രായോഗികമായിട്ട് ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിനായിട്ട് നമുക്കൊരു ഹൃദയമുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അതിർവരമ്പുകളൊക്കെ കണ്ടെത്തും ആ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഈ കാലഘട്ടത്തിൽ കാര്യങ്ങളൊക്കെ ബാങ്ക് ലോണും ഒക്കെയായിട്ട് വരുമ്പോൾ തന്നെ അവർ പലപ്പോഴും വന്ന് നമ്മളെ ഈ ബാങ്കുകാര് ഒക്കെ അതുപോലെ ആവശ്യമില്ലെങ്കിലും ലോൺ എടുക്കാനും നിർബന്ധിക്കും പക്ഷേ നമ്മളെന്ത് വേണം നമ്മൾ നമ്മുടേതായ ആവശ്യങ്ങൾ എന്താണെന്ന് നമുക്കൊരു ബോധ്യമുണ്ടാകണം അതിനകത്ത് ഒതുങ്ങി നിൽക്കണം അതിനകത്ത് ഒതുങ്ങി നിന്ന് വാങ്ങുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കൊരു അസെറ്റായിട്ട് വരും അങ്ങനെയാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അതിൽ തെറ്റില്ല പക്ഷേ നമ്മളെന്ത് വേണം നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കേ അത് ഉപയോഗിക്കാവൂ അല്ലാതെ ഇന്നത്തെ ലോകം പോകുന്ന ഒരു വഴിയിൽ എല്ലാ ലോണും എടുത്ത് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ പോകരുത് അത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മളോട് വിശ്വാസികളായ നമ്മളോട് ആരെങ്കിലും കടം ചോദിച്ചാൽ നമ്മൾ കടം കൊടുക്കാമോ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാമത്തെയോ അതിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ ഒരു ഒരു പ്രയോ ഒരു വാക്യം കാണുന്നുണ്ട് നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക അപ്പം നമ്മളോട് ഒരാൾ കടം ചോദിച്ചാൽ നമ്മൾ ഈ വാക്യം അനുസരിച്ച് എന്ത് വേണം ചോദിക്കുന്നവന് ഏവനും അങ്ങ് കൊടുക്കണം പക്ഷേ പലപ്പോഴും നമുക്കറിയാമല്ലോ നമ്മളോട് ചോദിക്കുന്ന ആളുകൾ അവരുടെ ധൂർത്തിനോ അവരുടെ ആഡംബരത്തിനോ ഒക്കെ വേണ്ടിയായിരിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു മറുവാക്യം കൂടെ ശ്രദ്ധിക്കുന്നത് കൊള്ളാം ഒന്ന് കൊരിതീർ പത്തിൻ്റെ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ അപ്പോൾ എനിക്കുള്ള ഈ മിച്ചം പണം അല്ലെങ്കിൽ കടം കൊടുക്കാൻ കഴിയുന്ന എനിക്കുള്ള ഈ പണം എന്താണ് ഒന്ന് കോരിന്തേർ പത്തിൻ്റെ ഇരുപത്താറ് അനുസരിച്ച് എൻ്റെ പണമല്ല ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ദൈവത്തിൻ്റെതാണ് കർത്താവിൻ്റെതാണ് അപ്പോൾ എനിക്ക് ഈ മിച്ചമുള്ള ഈ പണവും ആരുടേതാണ് ദൈവത്തിൻ്റെതാണ് കർത്താവിൻ്റെതാണ് കർത്താവിൻ്റെ ഈ പണം എടുത്ത് ഞാൻ തൂർത്തടിക്കുന്ന ഒരുത്തൻ എന്നോട് ചോദിച്ചത് മാത്രം അവന് കൊടുക്കരുത് അപ്പോൾ ലൂക്കോസ് ആറിൻ്റെ മുപ്പത് എന്ന വാക്യത്തെ ഒന്ന് കോരിന്തീർ പത്തിൻ്റെ ഇരുപത്തിയാറ് എന്ന വാക്യത്തോട് ചേർത്ത് ചിന്തിച്ചിട്ട് വേണം നിന്നോട് ചോദിക്കുന്നവൻ എന്തിനു ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കി വേണം കൊടുക്കാൻ അല്ലാതെ നിന്നോട് ചോദിക്കുന്ന ഏവനും എന്ന ഒരൊറ്റ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കരുത് ഈ കാര്യം ഗൗരവമായിട്ട് എടുക്കണം ദൈവവചനത്തിൽ എപ്പോഴും രണ്ട് വാക്യങ്ങളുണ്ടാവും നമ്മൾ ലു മത്തായി എഴുതിയ സുവിശേഷം നാലാമധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ പിശാജി വന്ന് കർത്താവിനോട് പറയുന്നുണ്ടല്ലോ നീ ചാടിക്കൊള്ളുക ദൂതന്മാർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് അടുത്ത വാക്യത്തിൽ എന്ത് പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നുവല്ലോ അപ്പോൾ എപ്പോഴും ബാലൻസ്ഡ് ആണ് ദൈവവചനം നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക ലൂക്കോസ് ആറിൻ്റെ മുപ്പത് പക്ഷേ ഒന്നു ഊരിന്താൽ പത്തിൻ്റെ ഇരുപത്താറ് പറയുന്നു നിൻ്റെ പണമൊക്കെ നിൻ്റേതല്ല ദൈവത്തിൻ്റേതാണ് നീ സൂക്ഷിച്ചു വേണം കൊടുക്കാൻ അല്ലാതെ ചോദിക്കുന്നവനെല്ലാം അതിനെക്കുറിച്ചൊരു ആ നിലയിൽ അവൻ എന്തിനായിട്ടാണ് ചോദിക്കുന്നത് എന്ന് പരിഗണിക്കാതെ ചുമ്മാതെ എടുത്തു എന്നുള്ള ഒരു വശം കൂടെ കണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇങ്ങനെയും കൂടെ എഴുതിയിരിക്കുന്നു ഈ രണ്ടും ചേർത്ത് ചിന്തിച്ച് വേണം നമ്മൾ കടം ചോദിക്കുന്നവർക്ക് കൊടുക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാൻ പ്രിയപ്പെട്ടവർ ഇതെല്ലാം നമ്മൾ പറയുമെങ്കിലും ചിലപ്പോൾ നമുക്ക് നമുക്ക് ഒരു ജോലി ഉണ്ടായി എന്ന് വരികയില്ല അല്ലെങ്കിൽ വേണ്ടതുപോലെ നമ്മുടെ ആവശ്യങ്ങള് നടന്നു എന്ന് വരികയില്ല നമ്മൾ ചില ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി എന്ന് വരാം കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു അവരുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരുന്നു അങ്ങനെ ഒക്കെയുള്ള സമയത്ത് ഇതാ രണ്ട് വചനങ്ങള് നമുക്ക് വിശ്വാസികൾക്ക് ദൈവമക്കൾക്ക് വാഗ്ദാന വചനങ്ങളായിട്ട് നമുക്ക് എടുക്കാൻ ഒക്കും നമുക്ക് ദൈവത്തിന്റെ മുമ്പാകെ ഈ വചനങ്ങളെ അവകാശപ്പെട്ട് ദൈവത്തോട് ചോദിക്കാനൊക്കെ ഒന്നെന്ന് പറയുന്നത് ഫിലിപ്പിയർ നാലിൻ്റെ പത്തൊൻപതാണ് ആ നാലിൻ്റെ പത്തൊൻപത് പറയുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും നമുക്ക് ബുദ്ധിമുട്ടിലൂടെ നമ്മൾ എപ്പോഴും കടന്നു പോകണം തൻ്റെ മക്കൾ അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകണം എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തോട് പറയുക ദൈവമേ ഞാൻ എൻ്റെ ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഞാൻ ആഡംബരത്തിനോ ധൂർത്തിനോ പോകുന്നില്ല പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണമല്ലോ കടം വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനുത്തവണ്ണം ക്രിസ്തുവേശികൾ പൂർണ്ണമായി തീർത്തു എന്ന് പറഞ്ഞ കർത്താവേ ഞാൻ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫിലിപ്പിയ നാലിൻ്റെ പത്തൊൻപതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നു എനിക്ക് ചോദിക്കാൻ മറ്റൊരിടമില്ല നിൻ്റെ നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് നോക്കാൻ മറ്റൊരു സ്ഥലമില്ല അവിടുത്തെ മുഖത്തേക്കാണ് ഞാൻ നോച്ചു നോക്കുന്നത് എന്ന് പറഞ്ഞ് ഈ വാഗ്ദാന വചനത്തെ അവകാശപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം ആറിൻ്റെ മുപ്പത്തി മൂന്ന് മറ്റൊരു വലിയൊരു വാഗ്ദാന വചനമാണ് മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ദൈവം ദൈവം തന്നെ അവിടെ പറഞ്ഞിരിക്കുക പക്ഷെ എന്ത് വേണം മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം നമ്മുടെ ഒന്നാമത്തെ മുൻഗണന ദൈവത്തിൻ്റെ രാജ്യത്തിനും ദൈവനീതിക്കുമാണെങ്കിൽ മറുവശത്ത് ദൈവം എന്തു ചെയ്തുകൊള്ളും അതോടുകൂടെ നമുക്ക് വേണ്ടത് ദൈവം തന്നുകൊള്ളും മത്തായി ആറിൻ്റെ മുപ്പത്തി മൂന്ന് ഇവിടെ ശ്രദ്ധിക്കണേ മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ നമ്മൾ ചോദിക്കുന്നതൊക്കെയും അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെയും ദൈവം തരാം എന്നല്ല പറഞ്ഞിരിക്കുന്നത് മറിച്ച് എന്താ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ നമ്മുടെ നെസസിറ്റീസ് നമ്മുടെ ആവശ്യത്തിന് തരാമെന്നാണ് അല്ലാതെ നമ്മുടെ ആഗ്രഹത്തിനൊപ്പം തരാമെന്നല്ല മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക അതോടുകൂടെ ഇതൊക്കെയും നമുക്ക് വേണ്ടതൊക്കെയും ദൈവം തരും ഇങ്ങനെയുള്ള വലിയൊരു സ്വർഗീയ പിതാവിനെയാണ് നമ്മൾ സേവിക്കുന്നത് അതുകൊണ്ട് വിഷമിച്ചു പോകേണ്ട ധൈര്യത്തോടെ നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാം ദൈവം നമ്മെ മുന്നോട്ട് നടത്തും പ്രിയപ്പെട്ടവരെ ഒടുവിലായിട്ട് നമ്മൾ ക്രിസ്തീയ പ്രവർത്തനങ്ങളിലായിരിക്കുന്നവരും പണവും അല്ലെങ്കിൽ ക്രിസ്തീയ ശുശ്രൂഷകളും പണവും എന്നുള്ള കാര്യം കൂടെയാണ് ചിന്തിക്കുന്നത് നമുക്ക് ഇതിന് ഏറ്റവും നല്ലൊരു മാതൃക പൗലോസ് തന്നെയാണ് തീർച്ചയായിട്ടും മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് അധ്വാനിക്കുന്നവൻ തൻ്റെ കൂലിക്ക് അർഹനാണ് ഇങ്ങനെയൊക്കെ ദൈവവചനത്തിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ക്രിസ്തീയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അതിൽ നിന്ന് ദൈവവചനം കൊടുക്കുന്നതിൽ നിന്ന് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല അങ്ങനെ ഒരു മാതൃക നമ്മൾ കാണുന്നുണ്ട് എന്നാൽ പൗലോസ് വേറൊരു മാതൃക കണ്ടോ ദൈവവചനം വളരെ ബാലൻസ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു പൗലോസ് ഇതിൻ്റെ മറുവശം മറ്റൊരു മാതൃകയാണ് തൻ്റെ ജീവിതം കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നത് താൻ എന്ത് ചെയ്യുന്നു താന് തനിക്കങ്ങനെ താൻ ശുശ്രൂഷിക്കുന്ന ആളുകളിൽ നിന്ന് പണം വാങ്ങാനായിട്ട് തനിക്ക് അനുവാദമുണ്ടെങ്കിലും തനിക്ക് മറ്റൊരു മാതൃക ആളുകളുടെ മുമ്പിൽ വയ്ക്കാൻ വേണ്ടി താൻ എന്ത് ചെയ്യുന്നു തന്നെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നു ആരോട് ഒന്നും വഞ്ചിച്ചെടുക്കുകയോ ആരെയും നിന്ന് പണം വാങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയൊരു മാതൃക പൗലോസവ ക്രിസ്തീയ പ്രവർത്തനത്തിന് ക്രിസ്തീയ ശുശ്രൂഷകർക്ക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമ്മളൊരു സഭയെന്നുള്ള നിലയിൽ നമ്മുടെ ക്രിസ്തീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന സഹോദരന്മാരും ഈ പൗലോസിൻ്റെ ഒരു മാതൃകയാണ് നമ്മൾ പിൻപറ്റാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം ക്രിസ്തീയ ലോകത്തെ ഇന്ന് തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും മറ്റേ രീതിയിലാണ് പെരുമാറുന്നത് അതായത് ക്രിസ്തീയ പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് പണം സമ്പാദിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് കാണുന്ന ആ നിലയിൽ ഉള്ള ആളുകളുണ്ട് അവരൊരു തെറ്റായ മാതൃകയാണ് ലോകമനുഷ്യരുടെ മുമ്പാകെ വയ്ക്കുന്നത് ദൈവനാമത്തിനൊരു മഹത്വമല്ല അവർ അതുകൊണ്ട് ഇതാ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുകയും ആരിൽ നിന്നും ഒന്നും വാങ്ങാതിരിക്കുകയും അതേസമയം തന്നെ ദൈവവേല ചെയ്യുകയും ചെയ്യുന്ന പൗലോസിൻ്റെ ഒരു മാതൃക പിൻപറ്റുന്ന ചിലരെങ്കിലും ഉണ്ടാകണമല്ലോ എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മളൊരു സഭയെന്നുള്ള നിലയിൽ ഇതിനെ ഈ മാതൃക പിന്തുടരുന്നത് പൗലോസ് നോക്കുക പൗലോസ് എത്ര വ്യക്തതയോടെയാണ് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് രണ്ടു കോരിൻ്റെ ഏഴിൻ്റെ രണ്ടിൽ പറയുന്നു പൗലോസ് പറയുന്നു ഞങ്ങൾ ആരോടും അന്യായം ചെയ്തിട്ടില്ല ആരെയും കെടുത്തിയിട്ടില്ല കറക്റ്റ് ചെയ്യുക ആരെയും കെടുത്തിട്ടില്ല ആരോടും ഒന്നും വഞ്ചിച്ചെടുത്തിട്ടുമില്ല തനിക്കത് പറയാനുള്ള തൻ്റെ ക്രിസ്തീയ അവസാന ഘട്ടത്തിലോട്ടൊക്കെ വരുമ്പോൾ സ്വന്തം നെജത്ത് കൈവെച്ച് അത് പറയാനുള്ള ആ നിലയിലുള്ള ധൈര്യം തനിക്കുണ്ടായിരുന്നു ഒന്ന് കൊരിന്തേർ ഒൻപതിൻ്റെ പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ നോക്കുക ഞങ്ങൾ ആത്മീകമായത് നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങളുടെ ഐ ഐഹികമായത് വലിയ കാര്യമോ വലിയ കാര്യമല്ല പക്ഷേ അതിൻ്റെ പതിനെട്ടോ പത്തൊൻപതാം വാക്യങ്ങളിൽ പറയുന്നു സുവിശേഷഘോഷണത്തിലുള്ള അധികാരം മുഴുവനും ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നത് തന്നെ ഇങ്ങനെ ഞാൻ കേവലം സോദ്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി നമ്മൾ ഈ വാക്യം ഒന്ന് കോർ ഒൻപതിൻ്റെ പതിനൊന്ന് പത്തൊൻപത് വാക്യങ്ങള് ആ പ്രത്യേകിച്ച് പതിനെട്ടാം പത്തൊൻപത് വാക്യങ്ങൾ ചേർത്ത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൗലോസ് എല്ലാവർക്കും ദാസനായത് താൻ പറയുന്നു ഞാൻ എല്ലാവർക്കും എന്നെ ദാസനാക്കി താൻ എങ്ങനെയാ എല്ലാവർക്കും തന്നെ ദാസനാക്കിയത് എല്ലാവർക്കും താൻ ദാസനാക്കിയത് അവരോട് സുവിശേഷം സൗജന്യമായി ചെലവ് കൂടാതെ പ്രഘോഷിച്ചുകൊണ്ടാണ് താൻ എല്ലാവർക്കും ദാസനായത് രണ്ടു കോരിന്തേർ പതിനൊന്നിൻ്റെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളും ഈ കാര്യം തന്നെ പറയുന്നു അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ പാപം ചെയ്തുവോ ഞങ്ങളെപ്പോലെ തന്നെ ദൈവപ്രവൃത്തി ചെയ്യുന്നു എന്ന് പ്രശംസിക്കുന്നവരുടെ നിലപാടിൻ്റെ പൊള്ളത്തരം വ്യക്തമാക്കാനായിട്ട് ജ്ഞാനങ്ങള് സൗജന്യമായിട്ട് പ്രസംഗിക്കുന്നു എന്നൊക്കെയാണ് അവിടെ പൗലോസ പറയുന്നത് അപ്പൊ എഫസ്ലെ മൂപ്പന്മാരോട് സംസാരിക്കുമ്പോൾ ആ താന് രോസ്ല പവർത്തി ഇരുപതിൻ്റെ മുപ്പത്തിമൂന്ന് മുതലേ മുപ്പത്തി അഞ്ച് വാക്യങ്ങളിലും പറയുന്നു ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല രണ്ടു സ്ലോനിക്കാർ മൂന്നിൻ്റെ ഏഴോ ഒമ്പതിൽ പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണം എന്ന് കൃത്യമായിട്ട് പറയണം നോക്കുക ദയോജനം ഇങ്ങനെയുള്ള പ്രായോഗിക കാര്യങ്ങളും വളരെ ഗൗരവത്തോടെ പറയുന്നുണ്ട് ക്രിസ്തീയ ശുശ്രൂഷയിലാണ് എന്നുള്ളതുകൊണ്ട് തനിക്ക് താൻ ശുശ്രൂഷിക്കുന്ന ആളുകളിൽ നിന്നെല്ലാം ധാരാളമായിട്ട് വാങ്ങി താന് വലിയ തൂർത്തടിച്ച് ജീവിക്കുന്ന ഒരു മനോഭാവം ആയിരുന്നില്ല താൻ എന്ത് ചെയ്തു പൗലോസ് എന്തു ചെയ്തു കൂടാരപ്പണി ചെയ്തു കൈകൊണ്ട് അധ്വാനിച്ചു അതിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ജീവിച്ചു താൻ എല്ലാവരുടെയും ദാസനായി തീർന്നു ദാസനായി തീർന്നത് എങ്ങനെയാണ് എല്ലാവർക്കും സൗജന്യമായിട്ട് ചെലവ് കൂടാതെ പ്രഘോഷിച്ചുകൊണ്ടാണ് ദിയോജനം പ്രഘോഷിച്ചുകൊണ്ടാണ് ഇന്ന് പലരും ദൈവത്തിൻ്റെ വിലയേറിയ ദാസൻ എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുകയും മറ്റുള്ളവരെ വിശേഷിപ്പിക്കുകയും ചെയ്യാറുണ്ടല്ലോ എന്നാൽ പൗലോസ് ഇവിടെ കാണിച്ച മാതൃക പ്രകാരമാണോ അവർ ദാസനായിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ നമുക്ക് ചുറ്റുമുള്ള ആരെയും വിധിക്കണ്ട എങ്കിലും നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് കഴിയുന്നിടത്തോളം പൗലോസിൻ്റെ മാതൃക പിൻപറ്റുകയും അങ്ങനെ ഇവിടെ ഇതാ പൗലോസ് രണ്ട് പൊരിന്തർ പതിനൊന്നിൻ്റെ ഏഴ് പന്ത്രണ്ടിൽ പറയുന്നു ദൈവപ്രവൃത്തി ചെയ്യുന്നു എന്ന് പ്രശംസിക്കുന്നവരുടെ നിലപാടിൻ്റെ പൊള്ളത്തരമാണ് താനിങ്ങനെ ജോലി ചെയ്തുകൊണ്ട് സുവിശേഷ സൗജന്യമായി പ്രസംഗിക്കുമ്പോൾ താൻ വ്യക്തമാക്കുന്നത് തൻ്റെ പ്രവർത്തനങ്ങളാണ് ഉച്ചത്തിൽ സംസാരിക്കുന്നത് നമ്മളും അത് മതി മറ്റൊരു മാതൃക നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചാൽ ആ മാതൃക സ്വയം സംസാരിച്ചുകൊള്ളും അല്ലാതെ നമ്മളെല്ലാവരെയും വിമർശിക്കാനോ വിധിക്കാനോ പോകേണ്ടതില്ല പൗലോസിൻ്റെ ജീവിതം നോക്കുക പൗലോസ് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ അവൻ്റെ അവന് വലിയൊരു സാമ്പത്തികമായിട്ട് സൗകര്യമുള്ള വലിയൊരു കുടുംബത്തിലെ ആളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ മറ്റു പല ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന പത്ര അതുപോലുള്ളവരെ പോലെ താഴെ നിന്ന് വന്ന ഒരാളായിരുന്നില്ല പൗലോസ് സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട നിലയിലുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നും വന്ന ഒരാളായിരുന്നു എന്നാൽ പൗലോസ് അങ്ങനെ വന്നതിനെ തുടർന്ന് തൻ്റെ കുടുംബത്തിൽ നിന്ന് തനിക്കൊന്നും കിട്ടിയിട്ടുണ്ടാവുകയില്ല എന്നാണ് നമ്മൾ പലപ്പോഴും കരുതുന്നത് എന്നാൽ അപ്പോസ്തല ചില വാക്യങ്ങൾ വായിച്ച് ഈ പുസ്തകത്തിൽ ഒരു നിഗമനത്തിൽ എത്തുന്നുണ്ട് അതായത് പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പൗലോസിന് തൻ്റെ കുടുംബത്തിൽ നിന്ന് സഹായം ലഭിച്ചിരുന്നു എന്നനുമാനിക്കാൻ സഹായകമായ ചില വാക്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അതായത് വളരെ വേഗത്തിൽ നമുക്ക് അതുകൂടെ നോക്കി അവസാനിപ്പിക്കാം അപ്പൊ സ്വല പ്രവൃത്തി ഇരുപത്തിമൂന്നിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് യഹൂദന്മാരിൽ ചിലരെ ഒരു ശപഥം ചെയ്തു അപ്പോസ്ല പ്രവൃത്തി ഇരുപത്തിമൂന്നിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ ഇരുപത്തി മൂന്നിൻ്റെ പതിനാറിൽ ഈ പൗലോസിനെതിരെയുള്ള പതിയുരിപ്പിനെക്കുറിച്ച് പതിയിരിപ്പിനെക്കുറിച്ച് പൗലോസിൻ്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് പൗലോസിനെ നേരിട്ട് ചെന്ന് തടവിൽ ചെന്ന് അറിയിക്കുന്നു അപ്പോൾ നോക്കുക പൗലോസ് തടവിലാണ് പൗലോസിനെ പുറത്തേക്ക് വിസ്താരം കഴിക്കാൻ വേണ്ടി കൊണ്ടുവരണം എന്നിവരെ അപേക്ഷിക്കുന്നു അപേക്ഷിക്കുമ്പോൾ അങ്ങനെ അധികാരികൾ പൗലോസിനെ പുറത്ത് കൊണ്ടുവരുമ്പോൾ പൗലോസിനെ പതിയിരുന്ന് ഇല്ലായ്മ ചെയ്യാനായിട്ട് ചിലരെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു ആലോചന കഴിച്ച് അങ്ങനെ ചെയ്യുന്നത് വരെ തങ്ങളൊന്നും കഴിക്കുകയോ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്ത് ആ ചില ആളുകളായിരിക്കുന്നു എന്ന് പൗലോസിൻ്റെ പെങ്ങളുടെ മകൻ മനസ്സിലാക്കി പൗലോസിൻ്റെ പെങ്ങളുടെ മകൻ ചെന്ന് തടവിലുള്ള പൗലോസിനോട് ഈ വിവരം അറിയിച്ചു പൗലോസ് ഉടനെ ആ പെങ്ങളുടെ മകനെ ആ കാരാഗ്രഹത്തിൻ്റെ അധികാരികളുടെ അടുത്തേക്ക് അയച്ച് ഈ പതിയിരുപ്പിനെ കുറിച്ച് വ്യക്തത കൊടുത്തു ചുരുക്കത്തിൽ അധികാരികൾ ഈ യഹൂദന്മാർ ആവശ്യപ്പെട്ട നിലയിൽ പൗലോസിനെ പുറത്തു കൊണ്ടുപോകാതിരുന്നു ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോസിൽ പുറത്തി ഇരുപത്തി മൂന്നിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ അതിൻ്റെ അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തി ആറ് വരുമ്പോൾ ദേശാധിപതിയായ ഫിലിക്സ് പൗലോസ് തനിക്ക് ദ്രവ്യം തരുമെന്ന് ആശിച്ച് പലപ്പോഴും അവനെ വരുത്തി സംഭാഷിച്ചു അപ്പോൾ അതെന്തുകൊണ്ടാണ് അപ്പോൾ നമുക്കിവിടെ ഊഹിക്കാം പൗലോസിന് തൻ്റെ വീടുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പൗലോസ് വലിയ കഷ്ടത്തിലായി കാരാഗ്രഹത്തിലായി അവനെതിരെ പല പതിയിരിപ്പ് വരുന്നു അറിഞ്ഞപ്പോൾ അവൻ്റെ പെങ്ങളുടെ മകൻ തന്നെ പൗലോസുമായി ബന്ധപ്പെടുകയും അങ്ങനെ ഈ പെങ്ങളുടെ മകനിലൂടെ പൗലോസിന് തൻ്റെ വീട്ടിൽ നിന്ന് കിട്ടേണ്ട സാമ്പത്തികമായ ആ ഒരു കാര്യങ്ങൾ പൗലോസിനെ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലായിട്ടാണ് ദേശാധിപതിയായ ഫിലിക്സ് പൗലോസ് തനിക്ക് ദ്രവ്യം തരുമെന്ന് ആശിച്ച് പലപ്പോഴും അവനെ വരുത്തി സംഭാഷിച്ചു എന്ന് ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിയാറിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ പൗലോസ് ആർക്കും കൈക്കൂലി കൊടുക്കുകയില്ലല്ലോ പൗലോസ് അങ്ങനെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തൻ്റെ കയ്യിൽ തനിക്ക് വീട്ടിൽ നിന്ന് പെങ്ങളുടെ മകൻ വഴി കിട്ടിയ ആ പണം താൻ എന്ത് ചെയ്തു ഇരുപത്തെട്ടിൻ്റെ ഇരുപത്തിയൊൻപത് മുപ്പത് അപ്പൊ സ്വപ്രവൃത്തി അവസാനിക്കുമ്പോൾ അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ രണ്ട് സംവത്സരം മുഴുവൻ പാർത്ത് തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു അപ്പൊ രണ്ടു വർഷം ഒരു വീട് കൂലിക്കെടുത്ത് റെന്റിനെടുത്ത് അവിടെ താമസിച്ച് ഏർ മറ്റ് ജോലിയൊന്നും ചെയ്യാതെ തന്നെ ആളുകളോട് മുഴുവൻ സമയവും പ്രസംഗിക്കുകയൊക്കെ ചെയ്യാനായിട്ട് തനിക്ക് എന്തുപയോഗപ്പെടുത്തി തൻ്റെ പെങ്ങളുടെ മകൻ വഴി വീട്ടുകാർ കൊടുത്തയച്ച ആ സാമ്പത്തിക സഹായം താൻ പ്രയോജനപ്പെടുത്തി എന്ന് നമുക്ക് അനുമാനിക്കാം എന്നാണ് ഈ പുസ്തകത്തിൽ വാക്യങ്ങളെ വാക്യങ്ങളോട് ചേർത്ത് ഒരു അനുമാനത്തിലെ എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ പൗലോസ് നമുക്കൊരു മാതൃകയാണ് നമുക്കും എന്ത് ചെയ്യാം നമുക്കും ക്രിസ്തീയ പ്രവർത്തനങ്ങൾ പൗലോസ് കാണിച്ച മാതൃക ചെയ്യാം അനീതിയുള്ള മാമോനിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ ആ ദൈവ നാമത്തെ നമ്മളായിരിക്കുന്ന തലമുറയിൽ മഹത്വപ്പെടുത്താം യൂക്കോസ് പതിനാറിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ലെങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഫരമേൽപ്പിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒന്നിച്ച് സേവിപ്പാൻ കഴിയയില്ല ഈ വചനങ്ങളെ നമുക്ക് ഗൗരവമായി എടുക്കാം ദൈവം നമ്മെ സഹായിക്കാം